ദേവിനാഥന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽ കാലത്തിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു സംഭവമായ ഒരു ആഴ്ചക്കാലം നമ്മളെ കടന്നുപോയി വിവിധ നിലകളിൽ കർത്താവ് നമ്മളെ സഹായിക്കുകയും നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു ഇവിടെ രാവിലെ വന്നപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ ഈ ലോകമൊക്കെ കത്തി അഴിയാനുള്ളതാണെന്നും നമ്മൾ കാത്തിരിക്കുന്നത് പുതിയ ഒരാകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടിയാണെന്ന് ആ ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ വായിച്ചു അതിമഹത്തായ ആ ദൈവം നമുക്ക് തന്നിരിക്കുന്നു അതുകൊണ്ട് ലോകത്തിൻ്റെ മോഹത്തായുള്ള നാശം വിട്ടൊഴിഞ്ഞ് അവിടുത്തെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം എന്നൊക്കെയും ദൈവത്തിൻ്റെ വചനങ്ങളിലൂടെ വചനം കുഞ്ഞുങ്ങളിലൂടെയൊക്കെ കേൾപ്പിച്ചുകൊണ്ട് അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം കൂടെ ഞാൻ വായിച്ചു കൊള്ളട്ടെ മുപ്പത്തിയേഴാം സങ്കീർത്തനത്തിൻ്റെ വാക്യം എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും ഒരു ദൈവ പൈതല് പുതിയൊരു ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത് ഇവിടെയൊക്കെയുള്ളത് അഴിഞ്ഞു പോകുന്നതും കത്തി പോകാനുള്ളതുമാണെന്നുള്ള യാഥാർഥ്യം തിരിച്ചറിയുമ്പോൾ തന്നെ നമുക്കൊരു ലക്ഷ്യമുണ്ട് നമ്മൾക്കും ഒരു ഭൂമിയെ അവകാശമാക്കാനുണ്ട് ദാവിതൊക്കെ പാടുന്നതുപോലെ അളവ് നൂലെനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു നല്ലൊരവകാശം ദൈവം എനിക്ക് തന്നിരിക്കുന്നു ഇതൊക്കെ ആണെങ്കിലും നമ്മളത് അവകാശമാക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ പ്രത്യേക നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു ലൈസൻസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ അധികാരികളുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ വളരെ ധൈര്യത്തോടെ നമ്മുടെ ഭൂമിയാണ് നമ്മൾ കരമൊക്കെ അടയ്ക്കുന്നുണ്ട് എന്ന് ചെല്ലുമ്പോൾ അവർ ചോദിക്കും ഇതിന് കൈവശാവകാശ സർട്ടിഫിക്കറ്റില്ലേ അപ്പോൾ അത് കൊണ്ടുവരണം അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മുടെ ഭൂമിയാണെന്ന് പറഞ്ഞാലും നമ്മളത് ഇവിടെ ഭൂമിയിൽ തന്നെ അത് ചെയ്യണമെങ്കിൽ പല കാര്യങ്ങളുണ്ട് പ്രായോഗിക തലത്തിൽ അവിടെ ചെല്ലുമ്പോൾ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അപ്പോൾ ഒരു ഭൂമിയുടെ അവകാശത്തിന് ഇവിടെ വേണ്ട പല കാര്യങ്ങളുണ്ട് റീസർവേയുടെ കാര്യങ്ങൾ അതുപോലെ ഒത്തിരി കാര്യങ്ങൾ ചേർന്നതാണ് നമുക്ക് ഭൂമി നമുക്ക് നമ്മുടെ പ്രായ വളരെ നേരായ നിലയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുള്ളു എന്നാലിവിടെ നമ്മൾ ഒരു ദൈവം ഇതലെ പുതിയൊരാകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി കാത്തിരിക്കുമ്പോൾ അവൻ അതിനുവേ അതിനെ അവകാശമാക്കാൻ വേണ്ട ഒരുക്കങ്ങളെക്കുറിച്ച് ദൈവം വലിയൊരു വാഗ്ദാനം ദൈവം നമുക്ക് തന്നിരിക്കുന്നു ഈ വാക്യം മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ നമ്മൾ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വാക്യമായിട്ടല്ല അല്ലെങ്കിൽ തിരിച്ചല്ല പറയുന്നത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും ഇത് അർത്ഥത്തിൽ തന്നെയുള്ള വാക്യമാണ് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യം അപ്പോഴൊരു ഭൂമിയെ നമ്മൾ അവകാശമാക്കേണ്ടതായിട്ടുണ്ട് അത് ഇവിടെ കാണുന്നതായ കാര്യങ്ങളല്ല ഇവിടെ കത്തിയഴിയുന്നതായ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതിനപ്പുറമായിട്ട് നമുക്ക് അവകാശമാക്കേണ്ടതായിട്ടുണ്ട് ഈ മുപ്പത്തി ഏഴാം സങ്കീർത്തനത്തിൻ്റെ ആദ്യം മുതൽ നമ്മൾ കാണുന്നത് ഈ ദൈവീക വാക്തത്വങ്ങളെ നമ്മൾ അവകാശമാക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അപ്പോഴെപ്പോഴും അതിന് ചില മുന്നറിയിപ്പുകൾ ദൈവം തന്നിട്ടുണ്ട് നമുക്കിത് അവകാശമാക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളും അവകാശമാക്കാൻ നമുക്ക് വേണ്ട ഒരുക്കങ്ങളെക്കുറിച്ചും ഈ സങ്കീർത്തനത്തിൽ നമുക്ക് വേണ്ട പ്രബോധനങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്നുണ്ട് ഇവിടെ തുടങ്ങുന്നതന്നെ ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം നിങ്ങൾ മുഷിഞ്ഞു പോകരുത് എന്ന് തുടങ്ങിയാണ് നീതി അസൂയപ്പെടരുത് എന്ന് തുടങ്ങിയാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവീയ വാഗ്ദാനങ്ങൾ പ്രാപിക്കുന്നതിന് തടസ്സമായിട്ടുള്ള പല ഒരു കാര്യമാണ് മുഷി എന്ന് പറയും നമ്മളെ എവിടെ മുഷിയുന്നത് നമ്മൾക്ക് ഒരു ദുഷ്പ്രവർത്തിക്കാരനുമായിട്ട് അല്ലെങ്കിൽ ലോകത്തിൽ വക്രതയും കോട്ടമുള്ള ഒരു തലമുറയുടെ നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലുള്ള അനുകൂല സാഹചര്യങ്ങളൊന്നും നമുക്ക് ലഭിച്ചെന്ന് വരിക അന്യായമായ കഷ്ടങ്ങളോ അല്ലെങ്കിൽ ന്യായമില്ലാത്ത കാര്യങ്ങളുമൊക്കെ നമുക്ക് ലഭിക്കാം അപ്പോൾ നമ്മളിൽ ഉണ്ടാകാവുന്ന ഒരു പ്രതികരണമാണ് ഈ മുഷിവ് എന്ന് പറയുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഓർമ്മ തരുന്നൊരു കാര്യമാണ് നമ്മൾ മുഷിഞ്ഞു പോകരുത് ഈ സങ്കീർത്തനത്തിൽ പല ആവർത്തി പറയുന്ന ഒരു കാര്യമാണ് മുഷിഞ്ഞു പോകരുത് അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളു നമുക്ക് അനുഗ്രഹത്തിന് നഷ്ടമാകുകയുള്ളു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ ഈ മുഷിവ് കടന്നു വരാതെ ഈ വെളിപാട് പുസ്തകത്തിലൊക്കെ സഭകൾക്ക് ദൂതുകൾ എഴുതുമ്പോൾ വസ്ത്രം അലക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത് മുഷിയുന്ന വസ്ത്രമാണ് എപ്പോഴും അലക്കേണ്ടത് അപ്പോൾ പ്രായോഗിക ജീവിതത്തിൽ നമുക്കൊരളവ് വരെ മുഷിവുകൾ ഉണ്ടാകാം എന്നാൽ അന്നേരം അന്നേരം അത് തിരിച്ചറിയുകയും നമ്മുടെ മുഷിവുകളെ നമ്മൾ മാറ്റുകയും ചെയ്യുന്നവരായിരിക്കും അപ്പോൾ ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം മുഷിച്ചു പോകരുത് നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുക അത് തൽക്കാലത്തേക്കുള്ളതേ ഉള്ളൂ കാര്യമാണ് ഈ നമുക്ക് ന്യായമല്ലാത്ത കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ വളരെ ഈ മുഷിവിൻ്റെ ഇല്ലാത്തൊരനുഭവമാണ് നമുക്ക് സൗമ്യതയുടെ അനുഭവം എന്ന് പറയും കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്ന നമ്മുടെ സൗമ്യത എല്ലാ മനുഷ്യരും കാണട്ടെ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കും അപ്പോൾ നമ്മളിൽ മുഷ്യുണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ മുഷ്യുണ്ടെങ്കിലും അത് നമുക്ക് മുഖത്ത് പ്രക പ്രകടമാകുന്നൊരു കാര്യമാണ് അപ്പോൾ ഒരു ദൈവവേദലിൻ്റെ മുഖത്ത് ആ മുഷ്യുവ് കാണാതിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നതിന് സൗമ്യത എല്ലാ മനുഷ്യരും കാണാൻ ദൈവം ആഗ്രഹിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരളവിലെപ്പോഴും ഈ പ്രായോഗിക തലത്തിൽ എപ്പോഴും ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമാണ് ഈ മുഷ്യു നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം സംഭവിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മുഖത്ത് ഈ മുഷ്യുവ് ഉണ്ടാകാം നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ന്യായമാകാം എങ്കിൽ പോലും ദൈവം അത് ആഗ്രഹിക്കുന്നില്ല കാര്യം അത് ദോഷത്തിന് ഹേതുവാകുന്ന കാര്യമാണ് നമ്മുടെ ജീവിതത്തെ ആ മുഷിവിൽ നിന്ന് സൂക്ഷിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ ഞാനും അത് ആഗ്രഹിക്കുന്നു യഹൂബിൽ ആശ്രയിച്ച് നന്മ ചെയ്യാം ദേശത്ത് ഭാർത്ത് വിശ്വസ്ഥത ആചരിക്കാം ദൈവീക വാഗ്ദാനം പ്രാപിക്കുന്നതിന് ഈ കാര്യങ്ങൾ പിന്നെയും ദൈവം നമ്മളെ ഓർപ്പിക്കും യഹൂബയിൽ ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നന്മചയ്യ പല കാര്യങ്ങളും നമുക്ക് നന്മ ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ നമുക്കറിയാം പലപ്പോഴും നമ്മൾ വായിക്കുന്നൊരു കാര്യമാണ് പലപ്പോഴും പലരും റോഡിൽ രക്തം മാറുന്നു മണിക്കൂറ് കിടന്ന് ആരും നോക്കാതെ അല്ലെങ്കിൽ നോക്കിയവരെ തിരിഞ്ഞു ഒക്കെ അവർക്കൊരു നന്മ ചെയ്യാവുന്നൊരു അവസരമായിരുന്നു പക്ഷേ ചെയ്യാൻ മടിക്കുന്നതായ കാര്യം അതിന് ശേഷമുള്ള പല തിക്ത അനുഭവങ്ങൾ കേസിന് പോകണോ അല്ലെങ്കിൽ സ്റ്റേ പോലീസ് സ്റ്റേഷനിലും കോടതികളിലും ഒക്കെ അതിൻ്റെ പിന്നെ പോകണമെന്നുള്ള ചിന്തകളൊക്കെ ആ നന്മ ചെയ്യാൻ നമ്മളെ പലപ്പോഴും പിന്തിരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നാലിവിടെ സങ്കീർത്തനക്കാരൻ പറയാണ് ചുമ്മാ അങ്ങ് നന്മ ചെയ്യാനല്ല ദൈവത്തിൽ ആശ്രയിച്ച് അല്ലെങ്കിൽ ഗോവിയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ആ അവസരത്തിലും നന്മ ചെയ്യുന്നതിന് മുമ്പും നമുക്ക് ദൈവത്തിലൊരാശ്രയം ആവശ്യം ഏത് കാര്യത്തിലും ഇറങ്ങി നന്മ ചെയ്യേണ്ടതല്ലേ എന്ന് ഇറങ്ങി പുറപ്പെടുകയല്ല അതിനു മുമ്പ് ദൈവത്തിൽ ആശ്രയിച്ച് നന്മ ചെയ്യാൻ സങ്കീർത്തനക്കാരനിവിടെ നമ്മളെ ഓർപ്പിക്കുക ദേശത്ത് പാർക്ക് വിശ്വസ്തത ആചരിക്കുക നമ്മളെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ ആ വിശ്വസ്തതക്കാക്കാനായിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് ഇതിനേറ്റവും ദൈവീക വാഗ്ദാനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കാനും പ്രാപിക്കാനും ഏറ്റവും ആവശ്യമായിരിക്കുന്നൊരു കാര്യം നമ്മളിൽ സ്വയമായിട്ട് ആശ്രയിച്ചാലോ വേറെ എന്തെങ്കിലും നമ്മുടെ ദൃഷ്ടി നല്ലതെന്ന് തോന്നുന്ന കാര്യത്തിൽ ആശ്രയിച്ചാലോ നമുക്ക് ലഭിക്കുന്ന ആശ്വാസത്തെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് ദൈവത്തിൽ ആശ്രയിക്കുക മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ യോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് ദൈവവചനം എപ്പോഴും നമ്മളെ ഓർപ്പിക്കുന്നു കർത്താവ് നോക്കുമ്പോൾ ദൈവം നമ്മളെ പ്രസാദിക്കുന്ന കാര്യമാണ് നമ്മൾ കർത്താവിൽ നമ്മളെ ആശ്രയിക്കാമെന്ന് അതാണ് ദൈവം ആഗ്രഹിക്കുന്ന നല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേറെ പലതും നല്ലതെന്ന് തോന്നിയാലും ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു നിൻ്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കാം അവനിൽ തന്നെ ആശ്രയിക്കാം നമ്മുടെ ജീവിതത്തിൽ പിന്നെയും നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു നോക്കി എങ്കിലും നമുക്ക് പിന്നെയും കഴിയാതെ വരുന്നു പല കാര്യങ്ങളും കഴിയാതെ വരും നമ്മുടെ പരിധിക്ക് നിൽക്കുന്നില്ല നമ്മൾ ആശ്രയിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ആശ്രയിക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു നടപടിയാണ് നമ്മൾ നമ്മുടെ വഴി കർത്താവിനെ ഫലമേൽപ്പിക്കും അപ്പോൾ ഈ ആശ്രയത്തിൻ്റെ അടുത്തൊരു പടിയായിട്ട് നമുക്കത് കാണാനായിട്ട് കഴിയും നമുക്ക് നമുക്കിപ്പോൾ നമുക്കെതിരെ ഒരാൾ ഒരു കേസ് കൊടുത്താൽ സ്വാഭാവികമായിട്ട് നമുക്ക് വേണമെങ്കിൽ പോയി കോടതി സത്യം ചെയ് മതി കർത്താവിൻ്റെയൊക്കെ മാതൃക അവിടെ പോയി ഉള്ള സത്യം പറയാം കാര്യം പറയുക എന്നാൽ ചില പല കുരുക്കുകളുള്ള ഭാഗത്ത് നമുക്കറിയാൻ മല്ലാത്ത നിയമവശങ്ങളുടെ അടുത്ത് പലപ്പോഴും ഒരു വക്കീലിൻ്റെ സഹായം ആവശ്യമാണ് അല്ലെങ്കിൽ നിയമോപദേശം നമുക്കാവശ്യമാണ് അപ്പോൾ നമ്മളീ കാര്യങ്ങളും കേസുമൊക്കെയായിട്ട് ഈ വക്കീലിൻ്റെ അടുക്കൽ ചെന്ന് നമ്മുടെ കാര്യങ്ങളെ ഫരമേൽപ്പിക്കും ലോക പ്രകാരം നമ്മൾ കാണുന്ന കാര്യമാണ് അപ്പോൾ വക്കീലിനെ ഫരമേൽപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ വക്കീലാണ് നമ്മുടെ കാര്യം പിന്നെ തീരുമാനിക്കുന്നത് നമുക്ക് പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യമൊന്നുമില്ല ഇതിവിടെ പറയണമെന്ന് വക്കീലിനോട് നമുക്ക് പറയാൻ വെക്കുക അപ്പോൾ നമ്മുടെ ആശ്രയത്തിൻ്റെ അടുത്തൊരു പടിയായിട്ട് നമുക്കത് കാണാനായിട്ട് കഴിയും നമ്മുടെ വഴി ദൈവത്തെ ഫലമേൽപ്പിക്കാം അപ്പോൾ നമ്മുടെ കർത്താവ് ഒരു നല്ല വക്കീലാണെന്ന് ഇബ്രാഹി ലേഖന ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തഞ്ചാം വാക്യങ്ങൾ ഇരുപത്തഞ്ചാമത്തെ വാക്യത്തെ നമ്മൾ വായിക്കും താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്ത് ജീവിക്കുന്നതിനാകയാൽ അവൻ നമ്മളെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനമുക്ക് ഏറ്റവും ഇതിനേക്കാൾ ശ്രേഷ്ഠമായൊരു വക്കീൽ നമുക്ക് ലഭിക്കാനില്ല രാപ്പകൽ വർക്ക് ചെയ്യുന്ന വക്കീലാണ് കാര്യം നമ്മുടെ പ്രതിയോഗിയും രാപ്പകൽ വർക്ക് ചെയ്യുന്ന ആളാണ് രാപ്പകൽ സഹോദരന്മാരെ ദിവസേനയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയായത് നമ്മുടെ പ്രതിയോഗിയോട് ഉള്ള കേസിൽ നമുക്ക് കഴിയാത്ത കാര്യങ്ങളെ നമുക്ക് നമുക്ക് വേണ്ടി വാദിക്കാൻ ജാപ്പകൽ സന്നദ്ധനായിരിക്കുന്ന നല്ലൊരു വക്കീൽ നമുക്കുണ്ട് അവൻ മാത്രമല്ല നമ്മളെ പൂർണ്ണമായി അവൻ രക്ഷിപ്പാൻ പ്രാർത്ഥന നമുക്ക് കഴിയാത്ത ഏത് കാര്യത്തെയും നമുക്ക് സ്വയമായിട്ട് കഴിയാത്തതും എന്നാൽ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നതുമായ ഏത് കാര്യത്തെയും നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പാകെയും സാധിച്ച് അത് നമ്മളെ നിർത്താൻ അവന് നമുക്ക് പ്രാപ്തനായ ഒരു നല്ല വക്കീലാണ് അപ്പോൾ നമ്മുടെ ഈ ജീവിത യാത്രയിൽ നമ്മൾ ആ ഒരു ഭൂമിയെ അവകാശമാക്കുവാൻ പുതിയൊരു അനുഭവത്തെ ദൈവികമായ നിത്യതയുടെ വെളിച്ചത്തിൽ നമ്മളതിനെ കാണുമ്പോൾ അവകാശം പ്രാപിക്കാനുള്ള നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് ആ നല്ല വക്കീൽ നമ്മുടെ വഴി ആ നല്ല വക്കീലിനെ ഫരമേൽപ്പിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമൊന്നുമില്ല മിണ്ട ആ വക്കീലാണ് കാര്യങ്ങളെ നമുക്ക് വേണ്ടി പിന്നെ നടത്തുന്നത് പിന്നെ ആ സങ്കീർത്തനത്തിൽ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ അവനെ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കും അവൻ നിൻ്റെ നീതിയെ പ്രക പോലെയും നിൻ്റെ ന്യായത്തെ മധ്യാ പോലെയും പ്രകാശിപ്പിക്കും എഫയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കാം അപ്പോൾ ദൈവതെങ്കിൽ കാര്യം പരമേൽപ്പിച്ച് അല്ലേ നല്ല വക്കീലായ കർത്താവിങ്കൽ നമ്മുടെ കാര്യങ്ങളെ ഫരമേൽപ്പിച്ച് നമ്മൾ അവനിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ അടുത്ത ഒരു കാര്യമാണ് പിന്നെ അവൻ്റെ മുമ്പാകെ മിണ്ടാതിരിക്കുക പിന്നെ നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അഭിപ്രായം പറയാനോ ഡിസ്കസ് ചെയ്യാനോ എന്നുള്ളതായൊരു സമയമല്ല അവൻ്റെ മുമ്പാകെ നമുക്ക് മിണ്ടാതിരിക്കുക എന്ന് ഇവിടെ സങ്കീർത്തനക്കാർ നമ്മളെ ഓർപ്പിക്കും രഹയുടെ മുമ്പാകെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കാം കാര്യസാധ്യം പ്രാപിക്കുന്നവരെയും ദുരുപായം പ്രയോഗിക്കുന്നവരെയും കുറിച്ച് നീ മുഷി തരും അപ്പോൾ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ നമുക്ക് നേരിടാവുന്ന ഒരു വലിയ പരിശോധനയാണ് ഇതൊരു സമയമെടുക്കുന്നതായ കാര്യമായോട്ടത് വളരെ എളുപ്പത്തിൽ കാര്യങ്ങളെ നടത്തുന്ന പലരെയും നമുക്ക് കാണാനായിട്ട് കഴിയും കാര്യസാധ്യം പ്രാപിക്കുന്നത് നമുക്ക് ലോകത്തിൽ കാണാൻ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കുന്നു വളരെ ഈസിയായിട്ട് കാര്യങ്ങളെയൊക്കെ നടത്തുന്നു പലപ്പോഴും നമ്മൾ പല പല കാര്യങ്ങളൊന്നും മാറി നിൽക്കാവിൽ ലോകത്തിലുള്ളവർ വളരെ വിദഗ്ധമായിട്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്തുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പം നമ്മൾ മുഷിഞ്ഞു പോകണ്ട എന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത് മിണ്ടാതെ അവന് വേണ്ടി കാത്തിരുന്ന് അവനെ കാര്യം ഫലമേൽപ്പിച്ച് അവരെ ആശ്രയിച്ച് ആയിരിക്കുമ്പോൾ അവൻ്റെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കണം അപ്പോൾ നമുക്ക് നേരിടുന്ന ഒരു വലിയ പരിശോധനയാണ് കാര്യസാധ്യം പെട്ടെന്ന് ലോകത്തിലെ മിടുക്കന്മാർ കാര്യം സാധിക്കുന്നു ദുരുപായങ്ങളൊക്കെ പ്രയോഗിച്ച് അവർ വളരെ മിടുക്കരായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് നമ്മളെ മുഷിപ്പിക്കുന്ന ഒരു കാര്യം മുഷിപ്പിപ്പിക്കാൻ സാധ്യതയുള്ളതായ കാര്യമാണ് ഇതിനകത്ത് നമ്മൾ മുഷിഞ്ഞു പോകാതിരിക്കാൻ ദൈവത്തിൻ്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് തരുന്നു കാര്യസാധ്യം പ്രാപിക്കുന്നവരെയും ദുരുപായം പ്രയോഗിക്കുന്നവരെയും കുറിച്ച് നീ മിഷിക്കരുത് കോപം കളഞ്ഞ് ക്രോധ ഉപേക്ഷിക്കുക മുഷിഞ്ഞു പോകരുത് അതും ദോഷത്തിന് ഹേതുവാകുള്ളൂ അപ്പോൾ നമ്മളെ മുഷിപ്പിക്കുന്ന വേറൊരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് നമുക്ക് ദൈവമുമ്പാകെ നമ്മൾ ദൈവിക വാക്തത്വങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ അത് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ അത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജഡത്തിലുണ്ടാകുന്ന ഒരു പ്രകൃതിയാണ് കോപവും ക്രോധവും അത് നമ്മളെ മുഷിപ്പിക്കുന്നതായൊരു കാര്യമാണ് കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക മുഷിഞ്ഞു പോകരുത് അത് ദോഷത്തിന് ഹേതുവകളു നമ്മുടെ കോപവും നമ്മുടെ ക്രോധവും നമ്മളെ മുഷിപ്പിക്കുന്നതായ കാര്യമാണ് അത് നമുക്ക് വളരെ ദോഷം ചെയ്തതായ കാര്യമാണ് അപ്പോൾ ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സൗമ്യത വരാൻ തടസ്സമായിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് നമ്മുടെ ഹൃദയം നമ്മൾ അവകാശമാക്കേണ്ടതായ കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയൊരു ഭൂമി പോലെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് ദൈവത്തിന് നമ്മൾ കൊടുത്തതാണ് ഓരോ ദൈവം ഇതിലും നമ്മുടെ ഹൃദയം അവന് വേണ്ടി കൊടുത്തതാണ് എന്നാൽ അവിടെ വേറെ പല കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ കൈവശാവകാശ സർട്ടിഫിക്കറ്റും പല മേഖലകളിലാത്ത ഭാഗങ്ങളുണ്ട് ആധാരമൊക്കെ ശരിയാണ് കരം കെട്ടുന്നുണ്ട് പക്ഷെങ്കിൽ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് പല മേഖലകളിലും ഇല്ല നമ്മൾ ഇതിനെ തിരിച്ചറിയുകയും നമ്മൾ ആ കാര്യത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക നമുക്ക് കഴിയാത്ത കാര്യങ്ങളെ നമ്മുടെ നല്ല വക്കീലായ കർത്താവിൻ്റെ വലിയ സഹായത്തോടെ അതിനെ അവകാശമാക്കുക അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന സംവിധ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കും അത് അവകാശമാക്കിയാലേ യഥാർത്ഥ സമാധാനവും സന്തോഷവും പൂർണ്ണ നമ്മുടെ സന്തോഷം പൂർണ്ണമാകുള്ളൂ എന്ന് ദൈവം അതിനെ നമ്മളെ ഓർപ്പിക്കും ഇസ്രായേൽ മക്കൾ കനാദേശത്ത് അനേക ജാതികളുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ കനാദേശം ഇസ്രായേൽ മക്കൾക്ക് ആധാരമായിട്ട് കൊടുത്തതാണ് ഭൂമിയും അതിൻ്റെ പൂർണ്ണതയെല്ലാം യഹോവയ്ക്കുള്ളതാണ് ഈ കനാദേശം ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്തതാണെങ്കിലും അതവർക്ക് അവകാശമാക്കണമെങ്കിൽ അവിടുത്തെ അനേകമായ ജാതികളെ കീഴടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അവർ ആ കീഴടക്കിയാണ് അവർ ആ സ്വസ്ഥത പ്രാപിച്ചത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ സ്വസ്ഥത പ്രാപിക്കാത്ത ഗോഠം സൗമ്യതയോടെ നമ്മൾക്ക് കഴിയുന്ന കാര്യങ്ങളെ അതിനുവേണ്ടി പരിശ്രമിക്കുകയും നമുക്ക് കഴിയാത്ത കാര്യങ്ങളെ ദൈവിക ആശ്രയത്തോടും ദൈവത്തിങ്കൽ കാര്യം കൈവശമാക്കുന്ന ഒരു അനുഭവത്തിൽ ആ സന്തോഷ സമൃദ്ധിയിലേക്ക് ദൈവം നമ്മളെ നടത്തട്ടെ ദൈവത്തിൻ്റെ വചനങ്ങളാൽ നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ